അതിനാൽ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു അങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും നാം കപ്പലിൽ രക്ഷിച്ചു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരെ നാം മുക്കിക്കൊന്നു തീർച്ചയായും അവർ അന്ധരായ ഒരു ജനതയായിരുന്നു